മരത്തണലിൽ വെച്ചവർ നിങ്ങളോടുടമ്പടി ചെയ്തപ്പോൾ സത്യവിശ്വാസികളിൽ അള്ളാഹു സുബഹാനഹൂവത്ത ആല തൃപ്തിപ്പെട്ടിരിക്കുന്നു അവരുടെ ഹൃദയങ്ങളിലുള്ളത് അവൻ അറിഞ്ഞു അതിനാൽ അവൻ അവരുടെ ശാന്തി ഇറക്കി നൽകുകയും അവർക്കടുത്ത കാലത്ത് ഒരു വിജയം പ്രതിഫലമായി നൽകുകയും ചെയ്തു